അവരുടെ ദൂതന്മാർ ചോദിച്ചു ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുസുബാനുഹുവ തയാലയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങളുടെ പാപങ്ങളിൽ ചിലത് പുറത്തുതരാനും നിശ്ചിത കാലാവധി വരെ ജീവിപ്പിക്കാനും അവൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവർ പറഞ്ഞു ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ് നിങ്ങളും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ തടയാനാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അതിനാൽ വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് നൽകുക